പറയുക ഓ മനുഷ്യരെ എന്റെ മതത്തെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അള്ളാഹുസുബഹാനഹുവറ്റായാലാ വിനയല്ലാതെ നിങ്ങൾ ആരാധിക്കുന്നവരെ ഞാൻ ആരാധിക്കുകയില്ല മറിച്ച് നിങ്ങളുടെ ജീവനെടുക്കുന്ന അള്ളാഹുസുബഹാനഹുവറ്റായാലാ വിനയെ ഞാൻ ആരാധിക്കുന്നു വിശ്വാസികളിൽ ഒരാളാകാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു